സത്യനിഷേധികൾക്കുദാഹരണമായി നോഹാലഹിസ്ലാമിന്റെ ഭാര്യയെയും ലൂത്തഅലഹിസ്സലാമിന്റെ ഭാര്യയെയും അള്ളാഹു സുബാനഹുവചാല ഉദാഹരണമായിഅ അവർ ഞങ്ങളുടെ ദാസന്മാരിൽപ്പെട്ട രണ്ട് സദ്ഗുണശാലികളായ ദാസന്മാരുടെ കീഴിലായിരുന്നു എന്നാൽ അവർ രണ്ടുപേരെയും വഞ്ചിച്ചു അതിനാൽ അള്ളാഹു സുബഹാനഹുവചാല വിങ്കൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആ ദാസന്മാർക്ക് കഴിഞ്ഞില്ല അകത്തു പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ പ്രവേശിക്കുവിൻ എന്നവരോട് പറയപ്പെട്ടു